ഇബ്രാഹിം അലിഹിസ്വലാം പറഞ്ഞു എന്റെ രക്ഷിതാവേ മരിച്ചവരെ നീ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് എനിക്ക് കാണിച്ചുതരേണമേ അല്ലാഹു സുബഹാനഹുവത്തായാല ചോദിച്ചു നീ വിശ്വസിച്ചില്ലേ അദ്ദേഹം പറഞ്ഞു അതെ പക്ഷേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞു എങ്കിൽ നീ നാലു പക്ഷികളെ എടുത്ത് അവയെ നിന്റെ അടുക്കൽ കൂട്ടിയിണക്കുക പിന്നീട് ഓരോ മലമുകളിലും അവയുടെ ഓരോ ഭാഗങ്ങൾ വയ്ക്കുക ശേഷം അവയെ വിളിക്കുക അവ ഓടി നിന്റെ അടുക്കൽ വരും അള്ളാഹു സുബഹാനഹുവറ്റ ആല സർവ്വശക്തനും യുക്തിമാനുമാണെന്ന് നീ അറിയുക